നിങ്ങൾ മുന്നോട്ടു പോയില്ലെങ്കിൽ അള്ളാഹുസുബാനുഭുവാല നിങ്ങളെ വേദനയേറിയ ശിക്ഷയാൽ ശിക്ഷിക്കും നിങ്ങൾക്കു പകരം മറ്റൊരു ജനതയെ അവൻ കൊണ്ടുവരും നിങ്ങൾക്കവന് യാതൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല അള്ളാഹുസുബാനുഭുവ ചായാല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്